രാജാവ് പറഞ്ഞു അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക ദൂതനവൻറെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞു താങ്കൾ താങ്കളുടെ രക്ഷിതാവിംഗലേക്ക് മടങ്ങിപ്പോയി തങ്ങളുടെ കൈകൾ മുറിച്ച ആ സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കുക തീർച്ചയായും എൻറെ രക്ഷിതാവ് അവരുടെ തന്ത്രങ്ങളെക്കുറിച്ച് അറിയുന്നവനാകുന്നു